വിശ്വസിച്ചവരെ ഉപകാരങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ വ്യർത്ഥമാക്കരുത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുകയും അള്ളാഹുസുബഹാനുഹൂവറ്റാലാവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നവനെപ്പോലെയാകരുത് നിങ്ങൾ അവന്റെ ഉദാഹരണം മണ്ണുമൂടിയ ഒരു പാറ പോലെയാണ് അതിൽ കനത്ത മഴ പെയ്തപ്പോൾ അത് വെറും പാറയായി മാറി തങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് യാതൊന്നും ലഭിക്കുകയില്ല സത്യനിഷേധികളായ ജനതയെ അള്ളാഹുസുബഹാനുഹുവറ്റാല നേർവഴിയിലാക്കുകയില്ല